അത് നിന്റെ കണ്ണിന്യർ അത് അത് അവസാനിപ്പിക്കാനുള്ള കാരണമല്ലേ എന്ന് നബുസാഹു അലി വസ്ല്ലം അള്ളാഹു അനഹുവിന്റെ ഉമ്മയോട് ചോദിച്ചു എന്നാൽ മരണം സഹാബികൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു മരിച്ചപ്പോൾ എന്റെ മുറിക്കുള്ളിൽ നിന്ന് അബൂബക്കറിന്റെയും ഒമറിന്റെയും കരച്ചിൽ ഞാൻ കേട്ടിരുന്നു ന് അബൂബറിന്റെ കരച്ചിലും കരച്ചിലും എനിക്ക് വേറിട്ട് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ പുറത്തേക്ക് കേട്ടിരുന്നു ന് അവർക്ക് എത്ര സങ്കടമുണ്ടായിരുന്നു ഷാജുബിൻ അനഹുവിന്റെ മരണത്തിൽ സഹാബിമാരിൽ അത്ര പ്രമുഖനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം മദീനയിലേക്ക് മുസാബുബിൻ ഇസ്ലാമിന്റെ ദാവത്തുമായി വന്നു മുസാബ് റതി അള്ളാഹു അനു വഴിയാണ് ഷാജു ഇസ്ലാം സ്വീകരിക്കുന്നത് അങ്ങനെ അത് ഇസ്ലാം സ്വീകരിച്ച ഉടനെ തന്റെ കുടുംബക്കാരെ തന്റെ വീട്ടുകാരെ തന്റെ കുടുംബത്തിലുള്ള ആളുകളെ തന്റെ ഗോത്രത്തിലുള്ളവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു അള്ളാഹു സത്യം നിങ്ങൾ ഒരാളോടും ഞാൻ ഇനി സംസാരിക്കുകയില്ല നിങ്ങൾ ഒരാളും എന്നോടും സംസാരിക്കേണ്ടതില്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലുള്ള ആ ഗോത്രത്തിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു ഞാൻ ഒരാളും ഒരു പെണ്ണും പോലും ബാക്കി അത്ര വലിയ സ്ഥാനം ഷാദിബിന് മുഹാദ് അള്ളാഹുഅനുവിൻ ആ നാട്ടിലുണ്ടായിരുന്നു അദ്ദേഹം അവരുടെ നേതാവായിരുന്നു അൻസാറുകളുടെ നേതാവായിരുന്നു ഷാജുബ് മുഹാദ് അള്ളാഹു ചാലു മാത്രമല്ല ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ പിന്നെ ഓർക്കുന്നുണ്ടായിരിക്കും നബിസ്വല്ലാം ബദറിന് പുറപ്പെട്ട സന്ദർഭത്തിൽ മദീനക്കു പുറത്തേക്ക് ബദർ യുദ്ധം നടക്കുമെന്ന റസൂളിന് ബോധ്യപ്പെട്ടപ്പോൾ അല്ലെ അൻസാറുകളുമായിട്ടുള്ള കരാർ എന്താ മദീനക്കുള്ളിൽ നബിസ്ലമെ സംരക്ഷിക്കാമെന്നാണ് മദീനക്കുപുറത്ത് കരാറില്ല മദീനക്കുപുറത്ത് സംരക്ഷണം നൽകാമെന്ന് അൻസാറുകളുമായി കരാറില്ല കരാറ് മദീനക്കുള്ളിലേക്കാണ് വാതകം ബദർ മദീനക്കു പുറത്താണ് നബിസ് വിളിച്ചുകൂട്ടി റസൂൾ പറഞ്ഞു ഇത് ബദർ നടക്കാൻ പോവുകയാണ് വലിയൊരു സൈന്യമാണ് മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അബൂബക്കർ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു റസൂൾ മുഖത്ത് തിളക്കം കാണുന്നില്ല ും പോയിം ചെയ്തോ ഞങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് ഞങ്ങൾ പറയില്ല മറിച്ച് ും റബുമ്പോ യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് എന്നേ ഞങ്ങൾ പറയുള്ളൂ റസൂൽഹി സലമയുടെ മുഖത്ത് അവിടുത്തെ സന്തോഷം കാണുന്നില്ല അപ്പോൾ റസി അള്ളാഹു അദ്ദേഹത്തിന് മനസ്സിലായി റസൂൾ ഉദ്ദേശിക്കുന്നത് അൻസാറുകളിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കാനാണ് അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു നബിയെ താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു അള്ളാഹുവിന്റെ റസോലെ ധൈര്യത്തിൽ പുറപ്പെട്ടുകൊള്ളുക അങ്ങിത ഞങ്ങളുമായി ഈ മരുഭൂമിയുടെ അറ്റത്ത് പോയി ഒരു സമുദ്രത്തിന്റെ ഉള്ളിലേക്കാണ് ഞങ്ങളെയും കൊണ്ട് താങ്കൾ ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ ഞങ്ങൾ താങ്കളുടെ പിന്നിലുണ്ടായിരിക്കും ബർഖുൽ ഹമാദിലേക്കാണ് താങ്കൾ പോകുന്നത് എങ്കിൽ ഞങ്ങൾ പിന്തിനിൽക്കുകയില്ല ഞങ്ങൾ പിന്നിലുണ്ടായിരിക്കും നബിയെ പുറപ്പെട്ടുകൊള്ളുക ഞങ്ങൾ യുദ്ധത്തിൽ ശത്രുവിനെ മുൻപിൽ കണ്ടുകഴിഞ്ഞാൽ ശത്രുവിനെ മുന്നിൽ കണ്ടുമുട്ടിയാൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾ താങ്കളുടെ കൺകുളിർപ്പിക്കുന്ന കാഴ്ച ഇൻഷാ അല്ലാ ഞങ്ങളുടെ അരികിൽ നിന്ന് താങ്കൾക്ക് കാണാൻ കഴിയും അപ്പോഴാണ് റസൂൽ അള്ളഹ മുഖം തെളിഞ്ഞത് അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞത് അബ്ഷിറു നിങ്ങൾ സന്തോഷിച്ചു സന്തോഷിച്ചു കൊള്ളുകൂട്ടരിൽ ഒരാളെ അള്ളാഹു എനിക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു അതുള്ള നിങ്ങൾക്ക് ചരിത്രം ഓർമ്മ അബൂ സുഫിയാന്റെ കൂട്ടര് അതല്ലെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അന്ന് എഴുന്നേറ്റ് നിന്നയാളാണ് ഷാജുബനും അള്ളാഹ്വാൻ റസൂൾ വല്ല അവിടുന്ന് വഹദിയുദ്ധത്തിൽ ഇതുപോലെ തന്നെ സഹാബികളിൽ ചിലർ റസൂൾ പിന്നിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പിന്തിരിഞ്ഞോടിയപ്പോൾ നബുസാഹു അലൈഹി വസ്ലമയുടെ ഒപ്പം നിന്ന സഹാബിമാരിൽ ഒരാളാണ് ഷാജുറദ് അള്ളാഹാൻ ഞാൻ റസൂൾ പറഞ്ഞു ഞാൻ നബിസ്വല്ലാഹു വസ്ലാം വഹതു യുദ്ധത്തിൽ ഓരോരുത്തരെയായി ഇങ്ങനെ വിളിക്കുമ്പോൾ ഓരോ വിളിക്കും ഉത്തരം നൽകുന്നത് അൻസാറുകളാണ് പത്ത് പേരെ വിളിച്ചു പത്ത് പേര് അൻസാരികളായിരുന്നു നബിസ്വല്ലാസലാം പറഞ്ഞു ഇന്നേ ദിവസം അൻസാറുകൾ മുഹാജറുകളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ റസൂള്ള സംരക്ഷിച്ചവരാണ് അവർ അവരുടെ നേതാവായിരുന്നു ഷാജിബിന് മുഹാദി അള്ളാഹാൻ എത്ര നല്ല സമൂഹം ആ സമൂഹത്തിന് എത്ര നല്ല നേതാവ് എത്ര നല്ല കൗമാണവർ കൗമിന് എത്രമാത്രം യോജിച്ച ഒരു നേതാവ് ഷാദുബിന് മുഹാദി അള്ളാഹുഅവിന്റെ ചരിത്രം വലിയ പാഠമുള്ളതാണ് നീളമുള്ള നല്ല മുഖഭംഗിയുള്ള നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്നു വിടർന്ന കണ്ണുകളുള്ള വ്യക്തിയായിരുന്നു ഷാദുബിന് മുഹാദി അള്ളാഹു അനഹു എന്ന് ചരിത്രത്തിൽ കാണാം മുപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹം ജീവിച്ചത് മുപ്പത്തിയു വയസ് അള്ളാഹ് മുപ്പത്തിയേഴ് വയസ്സ് എന്നാൽ സഹാബിമാറിൽ എത്ര വലിയ പദവിയാണ് അദ്ദേഹം നേടിയെടുത്തത് മുപ്പത്തേ വയസ്സ് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല അർത്ഥമുള്ളത് നമ്മൾ ജീവിച്ച കാലം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് എന്ത് പ്രവർത്തിച്ചു എന്നുള്ളതാൻ ഇസ്ലാമിന് വേണ്ടി നമുക്ക് എന്ത് മാറ്റിവെക്കാൻ സാധിച്ചു എന്നതാണ് നമ്മൾ ഓരോരുത്തരെയും ചോദിച്ചുകൊണ്ടിരിക്കണം പണ്ഡിതന്മാർ ചിലര് ചരിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ ചിലർ കണ്ണാടിക്ക് മുൻപിൽ പോയി നിൽക്കുമായിരുന്നു ഞാൻ എന്റെ അവർ ചോദിക്കുമായിരുന്നു അദ്ദേഹം ഇസ്ലാം ഇത്ര വയസ്സായി നിനക്ക് ഇസ്ലാമിന് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്നവർ സ്വയം ചോദിക്കുമായിരുന്നു എന്നെ സഹോദരങ്ങളെ ഷാജുബ്മാദിന്റെ ചരിത്രത്തിൽ യുവാക്കൾക്ക് പാഠമുണ്ട് വയസ്സായവർക്കും പാഠമുണ്ട് എല്ലാവർക്കും പാഠമുണ്ട് അള്ളാഹു സുബാന അവരെ സ്വപ്രവേശിപ്പിച്ച സ്വർഗത്തിൽ നമ്മയും പ്രവേശിപ്പിക്കുമാറാകട്ടെ നബിസ്വല്ലാഹുഅലൈ വല്ലം അവിടുന്ന് ബനു കുറയയിൽ നിന്ന് ലഭിച്ച കനീമത്തിന്റെ സ്വത്ത് നബിസ്വല്ലാഹു അലൈവല്ലം അവിടുന്ന് മുസ്ലിംക്കിടയിൽ അവിടുന്ന് വീതിരെ അവരുടെ കോട്ടക്കുള്ളിൽ നിന്ന് പുറത്തിറക്കി അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളെ കുറിച്ചുള്ള ഭയം അള്ളാഹു ഇട്ടുകൊടുത്തു അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ കൊന്നുകളയുന്നു മറ്റൊരു വിഭാഗത്തെ നിങ്ങൾ തടവിലാക്കുന്നു സമ്പത്തും നിങ്ങൾക്കിത് അനന്തരമായി നൽകിയിരിക്കുന്നു നിങ്ങൾ കാലുകുത്തിയിട്ടില്ലാത്ത മക്കയുടെ ഭൂമി ഹൈബറിന്റെ ഭൂമി അതും നിങ്ങൾക്ക് അല്ലാഹുദാ വാഗ്ദാനം നൽകുന്നു ും ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവതരിച്ചത് രണ്ട് മുസ്ലിമീങ്ങളാണ് വസ്ലം അവിടുത്തെ സഹാബികളിൽ നിന്ന് മരണപ്പെട്ടത് ഒന്ന് അദ്ദേഹമാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തെ ആണ് യഹൂദരുടെ കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ കുന്തമറിഞ്ഞ് കൊലപ്പെടുത്തിയത് മറ്റൊരാൾ അബൂ സിനാൻ മെഹസൻ എന്ന സുഹാബിയൻ വായിച്ചിട്ടുണ്ടെങ്കിൽ റുഖ്യാഷത്തുബു മെഹസൻ എന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സഹോദരനാണ് അദ്ദേഹമാണ് അബൂ സിനാൻ അബ്നു മെഹ്സൻ എന്ന സഹാബി ഇതാണ് ബനു കുറയവ യുദ്ധത്തിന്റെ ചരിത്രം ഇതോടുകൂടി യഹൂദന്മാർ അവരുടെ മദീനയിലെ ചരിത്രം അവസാനിച്ചു റസൂൾ ഉള്ള മദീനയിലേക്ക് വരുന്ന സമയത്ത് ബനു നദീറുകാർ ബനു കൈനുക്കാഴുകാർ ബനു കുറയ്തക്കാർ മൂന്ന് വിഭാഗമാണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് വിഭാഗവും മദീനയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു അവിടെ ഇനിയുള്ളത് മുസ്ലിമീങ്ങൾ മാത്രമാണ് ഇസ്ലാമിന്റെ റസൂൾ ഉള്ളയുടെ സഹാബിമാരോട് തനുയായികളും മാത്രമാണ് അവരെല്ലാവരും ഒരേ ഹൃദയത്തിലാണ് മുനാഫിക്കളിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം ഒരറ്റ കൽബിലാണ് ബാക്കിയെല്ലാം ഒരറ്റ ദീനില് എത്ര മനോഹരമായ നാടായിരിക്കും ആ നാട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവിടുത്തെ മദീന ഈ രൂപത്തിലാണ് ആ അതിന്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഇതിനു ശേഷം ബനു കുറയുള്ള അവരോട് ഉണ്ടായ ശേഷം പിന്നീട് ചെറിയ ചെറിയ ഷരീയത്തുകളാണ് സംഭവിച്ചത് ഷരീയത്ത് എന്ന് പറഞ്ഞാൽ ഷീറന്റെ ഏഹ് ചരിത്രത്തിൽ മുൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഹസ്വ എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധങ്ങളാണ് ശരീയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സൈനിക സംഘങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പോരാട്ടങ്ങളാണ് ശരീയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം ശരീയത്തുകൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് ബിൻ അസ്ലമ റദ്ദിഅള്ളാഹു നേതൃത്വത്തിൽ ഉണ്ടായത് റഖാഷത്ത് ബിൻ മെഹസാനിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത് ഇങ്ങനെ ധാരാളം പത്തിലധികം ഷറിയത്തുകൾ ഈയൊരു ചെറിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ എടുത്തു രണ്ട് ചരിത്രങ്ങൾ ഒന്ന് അത് സംഭവിക്കാനുള്ള കാരണം അലൈഹ് വസ്സല്ലം ജയ്തു ഹാരിദയെ നൂറ്റി എഴുപതിൽ പരം വരുന്ന പടയാളികളുടെ നേതാവായിക്കൊണ്ട് റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് നിയോഗിച്ചു അവരുടെ ലക്ഷ്യം മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള അബുൽ കച്ചവട സംഘത്തെ പിടികൂടലാൻ റബി നബി സാഹുലിന്റെ മരുമകൻ റസൂൽ മരുമകനബിൾ അലൈഹിടെ മരുമകനായ അബുൽബിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഷ്യാമിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഒരു കച്ചവട സംഘം അതിനെ പിടികൂടുന്നതിനു വേണ്ടി അള്ളാഹുന്റെ നേതൃത്വത്തിൽ യുദ്ധ സൈന്യത്തെ പറഞ്ഞയച്ചു അദ്ദേഹം അങ്ങനെ അവരെ പിടികൂടി അവരെ പിടികൂടി അവർ മദീനയിലേക്ക് അവരെ നബി സല്ല അള്ളാഹു അലു വസ്സലമയുടെ അവരെ കൊണ്ടുവന്നു അങ്ങനെ അവരെ തടവിലാക്കി അബുലഹസു റബിന്റെ നേതൃത്വത്തിലുള്ള ഈ കച്ചവട സംഘത്തെ അവരെ തടവിലാക്കി അവരുടെ കച്ചവട സ്വത്ത് അത് മുസ്ലിംങ്ങൾക്കിടയിലുള്ള ഖനീമറ്റായി വീതിച്ചു അങ്ങനെ രാത്രിയായി അബുൽബു റബിയ അദ്ദേഹം തടവിൽ നിന്ന് രഹസ്യമായി രക്ഷപ്പെട്ടു എന്നിട്ട് അരികിലേക്ക് വന്നു ആരാണ് അബുൽ എന്റെ ഭാര്യയെ ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ മുഷ്രീഖീങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന കല്പന അവതരിച്ചിട്ടില്ല അള്ളാഹു അലഹയുടെ അരികിലേക്ക് അബുൽ രാത്രിയിൽ വന്നു എന്നിട്ട് അവരോട് പറഞ്ഞു റസൂൽഅള്ളാഹു അലഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ട് എന്റെ കച്ചവട സ്വത്ത് എനിക്ക് തിരിച്ചു നൽകാൻ നീ ഒന്നാവശ്യപ്പെടണം എനിക്ക് സംരക്ഷണം നൽകുകയും വേണം അള്ളാഹു അടുത്ത ദിവസം ിലേക്ക് വന്നു എല്ലാവരും നിസ്കാരത്തിന് വന്നിട്ടുണ്ട് നബിസല്ലാഹുഅലി വസ്ലമി കാമത്ത് കൊടുത്തതിനു ശേഷം കൈകട്ടി റസൂൾ ഉള്ള തെക്ക്ബീർ ചൊല്ലിയപ്പോഴുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നൊരു ശബ്ദം ഉയരത്തിൽ കേൾക്കുന്നു സംരക്ഷണം നൽകിയിട്ടുണ്ട് സ്ത്രീകളുടെ ഭാഗത്ത് ഒരു ശബ്ദം കേൾക്കുന്നു Row... <tir> ം കഴിഞ്ഞപ്പോൾ അവിടുന്ന് വർത്തമാനം നിങ്ങൾ കേട്ടോ അവർ പറഞ്ഞു ഞങ്ങളും കേട്ട ഒരു ശബ്ദം കേട്ടു പിന്നിൽ നിന്ന് പറഞ്ഞു അള്ളാഹു തന്നെ സത്യം നിങ്ങൾ കേൾക്കുമ്പോഴല്ലാതെ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എനിക്ക് മുൻപ് ഒരു അറിവുമില്ല എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞതല്ല ഞാനുമായി ചർച്ച നടത്തി പറഞ്ഞതല്ല നിങ്ങൾ കേൾക്കുമ്പോഴാണ് ഞാനും ഇതിനെ കുറിച്ച് അറിയുന്നത് അബുൽഹാസിന് എന്റെ മകൾ സംരക്ഷണം നൽകി എന്ന വിവരം ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് ഇത് എന്നോട് കൂടി ആലോചിച്ച് ചെയ്ത കാര്യമല്ല ും മുമീങ്ങളിൽപ്പെട്ട അവരിലെ ഏറ്റവും താഴ്ന്ന ഒരു മനുഷ്യൻ ഒരു കാഫറായ ഒരു മുഷ്രിഖായ ഒരു ശത്രുവിന് അഭയം നൽകിയാൽ അവർക്ക് അഭയം നൽകണമെന്നതാണ് ഇസ്ലാമിലെ വിധി അതുകൊണ്ട് ജൈനബ് അഭയം നൽകിയാലും ആ അഭയം നമ്മൾ പരിഗണിക്കണം ഇത് ഇസ്ലാമിലെ യുദ്ധ സന്ദർഭത്തിലുള്ള വിധികളിൽ ഒന്നുകൂടിയാണ് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടിയാണ് എൻ്റെ ഓർമ്മ ഇസ്ലാമിൽ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മുഷിരിക്കീങ്ങളിൽ പെട്ട ഒരാൾക്ക് സംരക്ഷണം നൽകിയാൽ ആ സംരക്ഷണം പാലിക്കപ്പെടണം പിന്നെ അത് ലംഘിക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഇക്കാലഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ അവിടെയുള്ള ഭരണാധികാരികൾ വിസ നൽകി അവിടെ ജോലിക്ക് വരുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഈ പറഞ്ഞതിൽപ്പെട്ടവരാണ് തീവ്രവാദവും ഭീകരവാദവും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാഫര്യങ്ങളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ഇത് മനസ്സിലാക്കണം മുസ്ലിംകളിൽ ഒരാൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരു വ്യക്തിക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കപ്പെടണമെന്നത് ഇസ്ലാമിലെ നിയമങ്ങളിൽ പെട്ടതാണ് പിന്നെ ഭരണാധികാരി സംരക്ഷണം നൽകിയാലോ വളരെ വലിയ കാര്യമാണ് ശരി നബിസല്ലാഹുഅലൈ വസ്ലാം പറഞ്ഞു ജൈനബ് സംരക്ഷണം നൽകിയിട്ടുണ്ട് അത് നമ്മൾ പരിഗണിക്കണം കാരണം അവരുടെ കൂട്ടത്തിൽ ചെറിയ ഒരാൾ സംരക്ഷണം നൽകിയാൽ പോലും നമ്മൾ അത് പരിഗണിക്കണം പരിഗണിക്കപ്പെടേണ്ടതാണ് അരികിലേക്ക് ഞാൻ ഇത് അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്റെ ഭർത്താവൻ അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ സംരക്ഷണം നൽകണം നബിസ് വസ്ല്ലം അവിടുത്തോട്ഹ അവർ പറഞ്ഞു പറഞ്ഞു അബുൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുത്ത സമ്പത്ത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം അദ്ദേഹത്തിന്റെ ആവശ്യമാണ് റസൂൽ അള്ളാഹുഅലി വസ്ല്ലം അവിടുന്ന് ഈ യുദ്ധത്തിന് പോയ സഹാബിമാരെ വിളിച്ചു വരുത്തി നേതൃത്വത്തിൽ പിടികൂടിയു വരുത്തി എന്നിട്ട് റസൂൾ അവരോട് പറഞ്ഞു അറിയാം ഞാനുമായുള്ള ബന്ധം എന്താണ് എന്ന് എന്റെ മരുമകനും അദ്ദേഹത്തിന്റെ സമ്പത്താണ് നിങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെതായുള്ള സമ്പത്ത് ആ കച്ചവട സ്വത്ത് അത് നിങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ എനിക്കതിഷ്ടമുള്ള കാര്യമാണ് ഇനി നിങ്ങൾക്കത് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിങ്ങളാണ് അതിനെ ഏറ്റവും അർഹതയുള്ള ആളുകൾ സുബാനബി സാലയുടെ വാക്ക് നോക്കു നിങ്ങൾ അവിടുത്തെ മര്യാദ നോക്കു നിങ്ങൾ അവിടുന്ന് അവരുടെ റസൂലാണ് നബിയാണ് നേതാവാണ് ഭരണാധികാരിയാണ് പക്ഷേ അവിടുന്ന് ഈ പറഞ്ഞ ആ മുൻപിൽ അവതരിപ്പിച്ച രൂപം നിങ്ങൾ നോക്കും അബുൽ അഹാസും ഞാനുമായുള്ള ബന്ധം നിങ്ങൾക്കറിയാം നിങ്ങളത് തിരിച്ചു കൊടുക്കുകയാണ് എനിക്കത് കാര്യമാണ് നിങ്ങൾ തിരിച്ചു നിങ്ങളോട് പ്രശ്നമില്ല അത് നിങ്ങൾക്ക് അർഹതപ്പെട്ട സമ്പത്താൻ സഹാബികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലേ അത് തിരിച്ചു കൊടുക്കുന്ന ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും നബിയെ ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് യുദ്ധത്തിന് പോയവർ അവർക്ക് ലഭിച്ച സ്വത്ത് ഓരോന്നും തിരിച്ചു കൊണ്ടുവന്നു സഹാബിമാർ പറയുകയാണ് അവർ കൊണ്ടുപോയ പാത്രം ചെറിയ ചെറിയ വസ്തുക്കൾ ഇതെല്ലാം അവർ തിരിച്ച് നബി സല്ലാഹു അല്ലെ സ്വലമയുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഒട്ടകത്തിന്റെ ഒരൊട്ടകത്തിന്റെ മൂക്കുകയറി എടുത്തിട്ടുണ്ടെങ്കിൽ അതുവരെ അവർ റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചുകൊടുത്തു നബി സല്ലാഹു അലൈഹി വസ്ലം അബുൽസിന് ഇത് തിരിച്ചു കൊടുത്തു അങ്ങനെ അബുൽബുനുറബിയെ ഈ സമ്പത്തുമായി മക്കയിലേക്ക് തിരിച്ചു ഈ സ്വത്ത് മക്കയിലുള്ള പല ആളുകളുടെയും സ്വത്തുക്കളാണ് അവരുടെ സ്വത്ത് കച്ചവടത്തിനായി കൊണ്ടുപോയതാണ് മക്കാര് അവരുടെ സമ്പത്ത് ഒരാളെ അവർ ഇതുപോയി കച്ചവടം ചെയ്ത് തിരിച്ചു കൊണ്ടുവരും ലാഭം ഉണ്ടാക്കി കൊണ്ടുവരാതാണ് അവരുടെ രീതി അബുൽസോ ഓരോരുത്തരുടെയും സ്വത്ത് അവരുടെ കയ്യിൽ തിരിച്ചുപൊടച്ചു എന്നിട്ട് അദ്ദേഹം അവരെ എല്ലാം വിളിച്ചു വരുത്തി അദ്ദേഹം ചോദിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ അരികിൽ നിന്ന് ബാക്കിയുണ്ടോ എന്തെങ്കിലും ഒരു സമ്പത്ത് നിങ്ങളുടെ ആരുടേതെങ്കിലും എന്റെ കയ്യിൽ ഇനി ബാക്കിയുണ്ടോ അവർ പറഞ്ഞു ും എന്ന് ഞങ്ങൾക്കറിയാം എന്ന് അവരെല്ലാവരും മറുപടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിൽ നിന്ന് എന്നെ തടഞ്ഞോരൊറ്റ കാര്യം നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങളുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി ഞാൻ മുസ്ലിം ആയതാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന പേടിയായിരുന്നു നമ്മളെ സമ്പത്ത് എടുക്കാൻ വേണ്ടി മുസ്ലിമായതാണ് എന്ന് നിങ്ങൾ പറയുമെന്ന പേടിയല്ലാതെ മറ്റൊന്നും എന്നെ ഇസ്ലാം സ്വീകരിക്കുന്ന തടസ്സപ്പെടുത്തിയിട്ടില്ല ുംങ്ങൾക്കിതാ ഈ സമ്പത്തൊക്കെ അരികിലേക്ക് ഹിജറ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് തിരിച്ചു തന്നു റസൂൽ തിരിച്ചു നൽകി പിന്നൊരു കല്യാണം നടത്തിയിട്ടില്ല പഴയ കല്യാണത്തിൽ പഴയ അവിടുത്തെ കുറിച്ച് അബുൽ കാണാം ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു എന്നോട് അദ്ദേഹം സംസാരിച്ചപ്പോഴെല്ലാം സത്യം പറഞ്ഞിട്ടുണ്ട് കളവ് പറഞ്ഞിട്ടില്ല റസൂൽ വളരെ സ്നേഹിച്ചിരുന്ന അവിടുത്തെ മരുമകനായിരുന്നു അബ്സലാസ്ലും മൂന്ന് മരുമക്കളാണ് ആരൊക്കെ നബുൽ രണ്ടും മൂന്ന് അലിബു നബിറീൻ ഈ മൂന്ന് പേർക്കാണ് അബ്സുലും കഴിച്ചു കൊടുത്തത് നോക്കൂ നിങ്ങൾ എത്ര നല്ല തിരഞ്ഞെടുപ്പാണ് തന്റെ മകൾക്ക് വേണ്ടി എത്ര നല്ല തിരഞ്ഞെടുപ്പാണ് അബ്സഹ നടത്തിയത് അബുൽഹ് നോ റബിയ ആകട്ടെ ഈ അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം വാക്ക് പാലിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തത അറിയപ്പെട്ടതാബു അഫ്വാൻ ആകട്ടെ അദ്ദേഹത്തിന്റെ ലജ്ജ അറിയപ്പെട്ടത് അലീബുഅബി താലിബാകട്ടെ അദ്ദേഹത്തിന്റെ ധൈര്യം അറിയപ്പെട്ടത് എല്ലാവരും നല്ല സ്വഭാവം കൊണ്ട് അറിയപ്പെട്ട നന്മ കൊണ്ട് അറിയപ്പെട്ട ആളുകളാണ് അവർക്കാണ് റസൂൾ ഉള്ള അവിടുത്തെ മക്കൾ വിവാഹം കഴിച്ചു ഒരു പിതാവ് എന്ന നിലക്കിൻ അബ്സ് നിർവഹിച്ച ബാധ്യതയുടെ പൂർത്തീകരണം ഇത് നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ ബന്ധത്തിൽ അബുൽ അള്ളാഹു രണ്ട് മക്കളുണ്ടായി ഒന്ന് അലി രണ്ട് ഉമ ഒന്ന് അലി രണ്ട് ഉമ ഒന്നൊരു ആൺകുട്ടിയും മറ്റൊന്ന് പെൺകുട്ടിയുമാണ് അലി ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് നബിസാഹു അലൈഹി മക്കം ഫേന്റെ സന്ദർഭത്തിൽ അവിടുത്തെ ഒട്ടകപ്പുറത്ത് തന്നോടൊപ്പം വരുത്തിയത് ഈ കുട്ടിയെയാണ് അലിയെയാണ് രണ്ട് ഉമാമയാണ് ഉമാമയാണ്ഹു സ്വലം വളരെ സ്നേഹിച്ചിരുന്ന മകൾ പേരക്കുട്ടി അവിടുത്തെ വളരെ ഇഷ്ടമുണ്ടായിരുന്ന പെൺകുട്ടി അതാണ് റസോൾ ഹിസാഹു അലഹി നിസ്കരിക്കുന്ന സമയത്ത് ഉമാമയെ കയ്യിലെടുത്ത് നിസ്കരിക്കാറുണ്ടായിരുന്ന ഹദീതിൽ കാണാം ഹദി ഉമാമയാണ് റസോൾ ഹിസ്ലം വളരെ സ്നേഹിച്ചിരുന്ന പേരക്കുട്ടിയാണ് ഉമാമ റദി അല്ലാഹുഹ ഈ പറഞ്ഞ യുദ്ധമാണ് എടുത്തു പറയാവുന്ന ഒരു ചരിത്രം മറ്റൊരു ചരിത്രം ുടെ സംഭവമാണ് നബിസാഹുഅലി വസ്സലമയുടെ അരികിലേക്ക് പത്തു ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് വന്നു അവർ മദീനയിലെത്തി മുസ്ലിമുകളായി അങ്ങനെ അവിടുത്തെ കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞപ്പോൾ അവർക്ക് രോഗം ബാധിച്ചു മദീനക്ക് പൊതുവേ പുറത്തുനിന്ന് വന്ന ആളുകൾ മദീനയിൽ വന്നാൽ രോഗം ബാധിക്കുക എന്നത് ആ മദീനക്ക് പൊതുവായ ഉണ്ടായിരുന്ന പ്രയാസങ്ങളിൽ പെട്ടതാണ് അവർക്ക് അവിടുത്തെ ഭക്ഷണം പറ്റിയില്ല അവരുടെ ശരീരം ഊർക്കാൻ തുടങ്ങി നീരൊക്കെ വരാൻ തുടങ്ങി അവർ പറഞ്ഞു നബിയെ ഞങ്ങൾ പാലും വറച്ചൊക്കെ തിന്ന് ജീവിക്കുന്ന ആളുകളാണ് മദീനക്കാർ ഇവിടെ ധാന്യങ്ങൾ തിന്നുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല റസൂൽ അഹില്ലാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അതിരുകളിൽ ഞങ്ങളുടെ ഒട്ടകങ്ങളുണ്ട് നിങ്ങൾ അവിടെ പോയി അവിടുത്തെ പാല് കുടിച്ചോളും അങ്ങനെ അവർ പിന്നെ മുസ്ലിംങ്ങളുടെ ഈ പറഞ്ഞ ഒട്ടകം അതിന്റെ സമ്പത്ത് അവിടെ പോയി പാൽ കുടിച്ചു ശരീരത്തിന് അസുഖമൊക്കെ മാറി രോഗം മാറിയപ്പോൾ ഈ പറഞ്ഞ സ്വത്തിന് കാവലേൽപ്പിച്ചിരുന്ന കാവൽക്കാരനായ ആ ബാലനെ അവർ കൊന്നു കളഞ്ഞു അത് ആ കുട്ടിയുടെ ആ ആ ജോലി ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ കണ്ണു ചൂഴ്ന്നടുത്തു ശരീരാവയവങ്ങൾ മുറിച്ചു കളഞ്ഞു എന്നിട്ട് ഈ ഒട്ടകങ്ങളുമായി ഒട്ടകങ്ങളെയും മോഷ്ടിച്ച് അവർ മദീനയിൽ നിന്ന് പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കാണിച്ചു എന്നാൽ ഉള്ളിൽ കാഫറിങ്ങളായിരുന്നു അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയി ഒട്ടകങ്ങളെയും കൂട്ടി അവർ മദീനക്കു പുറത്തേക്ക് പോയി നബിസ്വല്ലാഹു അലൈഹു വസ്സലം അവിടുന്ന് എഴുപത് സഹാബിമാരെ എഴുപത് പടയാളികളെ നബിസ്വല്ലാഹു അലൈഹു വസ്സല്ലം അവരുടെ പിറകിൽ അവർക്ക് പിറകിൽ പറഞ്ഞയച്ചു അവർ ഈ പറഞ്ഞ ആളുകളുടെ പിന്നാലെ പുറപ്പെട്ടു ഖുർജുബൻ ജാബർ അൽ ഫെഹറി എന്ന സഹാബിയായിരുന്നു അവരുടെ നേതാവായിരുന്നത് ം നൽകണമേ അവർക്ക് പ്രയാസം ഉണ്ടാക്കണമേ എന്ന റസൂൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചു അങ്ങനെ രാത്രിയായപ്പോൾ അവർക്ക് വഴി തെറ്റി വഴി തെറ്റി അവർ അലയാൻ തുടങ്ങി രാവിലെ പുലർന്നപ്പോൾ അവർ മുസ്ലിം സൈന്യത്തെ നേരെ കൺമുന്നിൽ കണ്ടുമുട്ടി അവരെ പിടികൂടി ഒട്ടകത്തിന് മുകളിൽ കെട്ടി വലിച്ചുകൊണ്ട് മദീനയിലേക്ക് വലിച്ചുകൊണ്ട് വന്നു നബിസ്വല്ലാഹുഅലഹി വസ്ലം അവരുടെ വിഷയത്തിൽ കടുത്ത തീരുമാനമാണ് എടുത്തത് അവിടുന്ന് അവരുടെ കൈകളും കാലുകളും വെട്ടിനീക്കാൻ പറഞ്ഞു അവരുടെ കണ്ണുകൾ അത് ചുട്ടുപഴുപ്പിച്ച വാളുകൊണ്ട് നബിസ്വല്ലാഹുഅലി വസ്ലം അവരുടെ കണ്ണുകൾ പൊള്ളിച്ചു സഹാബികൾ അങ്ങനെ അവരോട് ചെയ്യാൻ റസൂള കൽപ്പിച്ചു അങ്ങനെ അവരെ ഒരു കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു അവിടെ വെള്ളം കൊടുക്കാതെ ദാഹം ദാഹിച്ചു വലഞ്ഞ് അവശരായിട്ടാണ് അവർ ചത്തുപോയത് അങ്ങനെയാണ് അവർ അവസാനിക്കുന്നത് ഇതാണ് റനികളുടെ സംഭവം അലൈവല്ലം ആദിത്യം നൽകിയ സന്ദർഭത്തിൽ അവരെ ചതിച്ച് വഞ്ചിച്ച് തിരിച്ചുപോയ ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കടുത്ത തീരുമാനങ്ങൾ അബിസ്വല്ലാ വല്ല സ്വീകരിച്ചതിന് പിന്നിലൊരു കാരണമുണ്ട് അതെന്താണ് ഇതുപോലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനാണ് ഇതുപോലുള്ള സംഭവങ്ങൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ കാരണം മദീന ഒരു രാജ്യമെന്ന നിലക്ക് കെട്ടിപ്പടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഇത് ഇന്ന് വെറുതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതേപോലെ ആൾക്കാർ വരും ഇന്ന് മറ്റുള്ളവർക്ക് പാഠമാകുന്ന രൂപത്തിലുള്ള ഒരു ശിക്ഷ നൽകിയാൽ നാളെ അതേപോലെ സംഭവം അതുകൊണ്ടാണ് ഭരണാധികാരികൾ യുദ്ധത്തിൽ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത് പൊതുവേ നിയമങ്ങളിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും ചിലപ്പോൾ ഉട്ടുകൊടുത്തേക്കാം ചിലപ്പോൾ മാപ്പാക്കിയേക്കാം ചിലപ്പോൾ കടുത്ത ശിക്ഷ കൊടുത്തേക്കാം ഇത് ഇസ്ലാമിലെ യുദ്ധവിധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വായിച്ചാൽ ചിലർക്ക് ഇത് എന്താണ് ഇങ്ങനെ എന്ന് തോന്നിയേക്കാം പക്ഷെ ആ സന്ദർഭത്തിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ് മദീനയാകട്ടെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചുറ്റുപാടു ശത്രുക്കളാണ് അറാബികൾ ശത്രുക്കളാണ് ചുറ്റുപാടു യഹൂദർ മദീനയിൽ നിന്ന് പുറത്താക്കി യഹൂദർ അവർ ഹൈബറിലുണ്ട് അവർ ശത്രുക്കളാണ് മക്കയിലുള്ള മുഷരിക്കീങ്ങൾ ശത്രുക്കളാണ് ഇങ്ങനെ പലരും ശത്രുക്കളായി ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ രൂപത്തിലുള്ള ചതിയും വഞ്ചനയും വെറുതെ വിട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കടുത്തതായിരിക്കും എന്നത് സംശയമില്ല ഇതിന് തൊട്ടുശേഷമാണ് പിന്നീട് ഹദൈബിയ സന്ധി ഉണ്ടാകുന്നത് ഹദൈബിയ സന്ധി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ വലിയ ഒഴിത്തിരിവാണ് ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ മദീനെ ഒരു രാജ്യമായി മുഷിരിക്കിങ്ങൾ അംഗീകരിച്ചു എന്നതിന്റെ അടയാളമായിരുന്നു ഹൃദയ സന്ധി അതുവരെ അവരെ പരിഗണിച്ചിട്ടന്നല്ല സന്ധിക്ക് തയ്യാറാകുന്നത് ഇവരൊരു രാജ്യമാണ് എന്നതിന്റെ പരിഗണനയായിരുന്നു മദീന അങ്ങനെ പതുക്കെയാണ് വളർന്നു വന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങളാണ് മക്കയിൽ രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമുണ്ട് പരസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടമുണ്ട് പ്രയാസങ്ങൾ കടുത്തപ്പോൾ ഹിജറയുടെ കാലഘട്ടമുണ്ട് മദീനയിൽ വന്ന് ഇസ്ലാമിക രാജ്യമുണ്ടായ ഉടനെ യുദ്ധം തുടങ്ങുന്നില്ല മറിച്ച് ആദ്യ കാലഘട്ടം കരാറുകളുടെ ഘട്ടമാണ് സമാധാന സന്ധികളുടെ ഘട്ടമാണ് അതുപോലെ തന്നെ പ്രതിരോധത്തിന്റെ ഘട്ടമാണ് ഒരു രാജ്യം ചില ആളുകൾ പറയാറുണ്ട് എന്തെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളൊന്നും യുദ്ധം ചെയ്യാത്തത് ഇസ്ലാമിക രാജ്യമുണ്ടായ ഉടനെ യുദ്ധം ചെയ്യണം എന്ന് യുദ്ധത്തിന് അതിന്റേതായ ഘട്ടങ്ങളും സമയങ്ങളുമുണ്ട് അവ പരിഗണിക്കപ്പെടേണ്ടത് സന്ധിയുമായി ബന്ധപ്പെട്ട ചരിത്രം അടുത്ത സീറയുടെ ദർശകൾ വിശദീകരിക്കാൻ മുബാബി വസ്ലം